<laughs> ം വേ <coughs> <coughs> <ké> ശ്രോത്രോ స్త్రോത്രം കൗദേവോ യുനക്തി അടുത്തീ മന്ത്രത്തിന്റെ ഭാഷ്യം ആണ് കേനേഷദമിത്യാദി കേനേഷദമിദി കേനോ കർത്ത്ര ഐശതം ഇഷ്ടം അഭിപ്രേദം സൻ മനഹ പദ riti perchadiso vishay prati di sambandhye എന്താണ് മനസ് അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ആരിച്ചിട്ടാണ് മനസ്സ് അതിന്റെ വിഷയത്തിലേക്ക് പോകുന്നത് ഇതാണ് ചോദ്യം ചോദ്യത്തിൽ ഇതാരംഭിക്കും കേനുഷ്യത്തിനെ കുറിച്ച് പറയും ഇത് മനനപ്രധാനം എന്ന് പറയും പറഞ്ഞു വരുന്ന ഈശാവാസ്യത്തെ കുറിച്ചൊരു ശ്രവണപ്രധാനമാണ് ശ്രവണത്തിനാണ് പ്രധാനം അവിടെ ചോദ്യങ്ങളൊന്നുമില്ല ആചാര്യൻ ഉപദേശിക്കുന്നു ശിഷ്യൻ ശ്രവിക്കുന്നു മനനം തുടങ്ങുന്ന ചോദ്യത്തോടെയാണ് ചോദ്യങ്ങളുടെ അടുത്ത മനനമാണ് ചോദ്യം അതിന്റെ സമാധാനം അത് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നതായാലും ശരി സ്വയം ചോദിക്കുന്നതായാലും ശരി മനനത്തിൽ ചോദ്യോത്തര രീതിയിലാണ് അത് മനനത്തിന്റെ രീതിയാണ് ശ്രവണത്തിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ശബ്ദജന്യമായ ജ്ഞാനം ഉണ്ടാകുന്നു അതായത് വൻഷത്തിനെ കുറിച്ച് പറയുന്നത് അനുഭവശാസ്ത്രം അല്ലെങ്കിൽ അനുഭൂതി ശാസ്ത്രം വൻഷത്തുകളിലെ അനുഭൂതി ശാസ്ത്രം അപ്പൊ ആ ശാസ്ത്രത്തിന്റെ ശ്രവണത്തിൽ നിന്ന് ആ ശബ്ദനിമിത്തമായി ഒരാൾക്ക് അനുഭവം ഉണ്ടാകുന്നു ആത്മാവിശയമായ അനുഭവം ഉണ്ടാകുന്നു ശ്രവണത്തിന്റെ പ്രത്യേകത മനനത്തിനങ്ങനെയല്ല ബാഹ്യമായ ശബ്ദ നിമിത്തം കൂടാതെ തന്നെ ആന്തരികമായ അനുഭവം ഉണ്ടാകും വേറെ രീതി പറഞ്ഞാൽ അറിവ് ഉള്ളിൽ നിന്നു വരും മറ്റൊന്ന് അറിവ് പുറമേ നിന്നു വരും അറിവ് എല്ലായിടത്തും ഉള്ളിൽ തന്നെ സംഭവിക്കുന്നത് ഒരിടത്ത് ബാഹ്യവുമായ നിമിത്തത്തെ കൂടുതൽ ആശ്രയിക്കും അനുഭൂതി ശാസ്ത്രത്തെ അശ്രയി ശ്രവണത്തിൽ മനനത്തിനങ്ങനെയല്ല തുടക്കം ശാസ്ത്രത്തിൽ നിന്നാണെങ്കിലും അനുഭവം ഉള്ളിൽ പ്രകടമാകുന്നു ശരിക്കും അനുഭവം ഉള്ളിൽ തന്നെ വരുന്നു ബാക്കിയെല്ലാത്തിന് നിമിത്തങ്ങളാണ് അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു ശ്രമണത്തിൽ ബാഹ്യമായ ആ ശബ്ദത്തെ മുഖ്യമായി ആശ്രയിക്കും ഇവിടെ ബാഹ്യമായ ശബ്ദത്തെ വിട്ടിട്ട് സ്വന്ത ശബ്ദത്തെ തന്നെ ആശ്രയിക്കും മനനമെന്ന് പറയുന്നത് ഈ ചോദ്യം എന്ന് പറയുന്നത് സ്വന്തം ചോദ്യമാണ് ഒരു ചിന്താശീലനായ ഒരു ചോദിക്കുന്ന ചോദ്യമാണ് ഇതെല്ലാം എങ്ങനെ നടക്കുന്നു എങ്ങനെ കാണുന്നു എങ്ങനെ കേൾക്കുന്നു എങ്ങനെ മണക്കുന്നു എങ്ങനെ രുചിക്കുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഇതും മറ്റാരോടേയും ചോദിക്കാനില്ല തന്നോട് തന്നെ ചോദിക്കുകയാണ് തന്റെ മനസ്സിനോട് തന്നെ ചോദിക്കാണ് തന്റെ മനസ്സിൽ നിന്ന് തന്റെ ഉള്ളിൽ നിന്ന് അതിന് സമാധാനം വരുന്നു തന്നിൽ തന്നെ പ്രകടമാകും അതാണ് മനനം സംശയങ്ങളെ നശിപ്പിക്കുന്നു പറയുന്നു ചോദ്യങ്ങളുള്ള സംശയ രൂപത്തിലാണ് സംശയങ്ങളെ ബാഹ്യമായിട്ടുള്ള സമാധാനങ്ങൾപ്പെടുത്തത്തില്ല ഒരു പരിധിവരെ അതിന് കഴിയും അതിനപ്പുറം കഴിയും ഉള്ളിൽ നിന്ന് സമാധാനം വരുമ്പോ ആ സംശയങ്ങൾക്ക് അറുതി വരുന്നു അത് പുറമേ നിന്ന് കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ധരിക്കുന്നു ആ ധാരണ പൂർണ്ണമാകുന്നില്ല അതുവരെയാണ് ശ്രവണത്തിന്റെ നില ഉള്ളിൽ അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടാകും ആ ചോദ്യങ്ങൾക്കുള്ള സമാധാന രൂപത്തിൽ ഉള്ളിൽ അറിവ് പ്രകാശിക്കുന്നു അതാണ് മനനത്തിന്റെ നില അതുകൊണ്ടാണ് ഇതിന് മനനപ്രധാനം അത് കഴിഞ്ഞ് ധ്യാനത്തിന്റെ ഭാഗത്തിലേക്കും വരുന്നുണ്ട് അതുകൊണ്ടിത് ആരംഭിക്കുന്നത് അത് മനനത്തിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരു ചോദ്യ രൂപത്തിലിച്ചിട്ടാണ് അല്ലെങ്കിൽ ആരുടെ ഇച്ഛയാൽ പ്രേരിതമായിട്ടാണ് ഇച്ഛ കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇവിടെ ഭക്ഷ്യധാരൻ ഇനി ആ വാക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം വാക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അതിന്റെ പദത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം പദങ്ങളിൽ നിന്നും എന്റെ വാക്യത്തിൽ നിന്നാണ് ആശയം ഉള്ളിൽ വരേണ്ടത് ആ പദാർത്ഥം ഞാനും ശരിയായില്ലെങ്കിൽ തന്നെ തുടർന്നു വരേണ്ട വാക്യാർത്ഥം ഞാൻ ശരിയാവത്തില്ല അതുകൊണ്ടുഷിതം എന്ന് പറഞ്ഞത് എന്താണ് അതിന്റെ താല്പര്യം ഞാനിപ്പോ ഈ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാവണം ഞാൻ ഉപയോഗിക്കുന്ന ഓരോ വാചകങ്ങളുടെയും അതായത് ആ വാക്കുകൾ കൂടിച്ചേർന്ന വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാവും വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാവും ഇതിൽ പ്രതിപാദിക്കുന്നത് ആത്മവിദ്യയാണ് തുടക്കത്തിലെ ഭാഷകാരും പറഞ്ഞു ഇതിന് കർമ്മവുമായി സംബന്ധമില്ല ഉപാസനകളുമായി ബന്ധമില്ല ഇതൊരു പുതിയ വിഷയം പറയുന്നത് എന്ന് പറയുമ്പോൾ അത് സ്വന്തം കല്പനയാണോ അതോ വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണോ അത് ശ്രോതാവിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഭാഷാപരമായൊരു ചർച്ച കൂടെ അവിടെ വരുന്നു അതും ഇതിന്റെ ശ്രോതാവെന്ന് പറയുന്നത് വിത്പന്നനായ ഒരാളാണ് അങ്ങനെ ഒരാളിനെയാണ് ഭാഷകാലം പ്രതീക്ഷിക്കുന്നത് എന്നുവെച്ചാൽ പദപദാർത്ഥ ഞാനുള്ള ആള് വേറെ രീതിയിൽ പറഞ്ഞാൽ പദവാക്യ പ്രമാണജ്ഞ അങ്ങനെ ഒരാളിനെയാണ് ശ്രോതാവായി പ്രതീക്ഷിക്കുന്നത് അപ്പൊ താങ്കൾ ഈ പറയുന്ന അർത്ഥം ഈ ശബ്ദത്തിന് ഇങ്ങനെ ഒരർത്ഥമുണ്ടോ ില്ലാത്തതാണ് അല്ലെ പറയുന്നത് എന്തെല്ലാം ചോദിക്കാം ആ ചോദ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ പദാർത്ഥ നിരൂപണം ചെയ്യുന്നത് നിങ്ങൾ ഒരാളെ ചോദിക്കാം ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ പോരെ എന്തിനാണ് അവിടെ വ്യാകരണത്തിനും മറ്റും കിടക്കുന്നത് എന്തിനു പദാർത്ഥ നിരൂപണം എന്നൊക്കെ സംശയം വരാം എന്തു പറഞ്ഞാലും മെഴുങ്ങുന്നവരല്ല വിവേകി അവർ പറഞ്ഞാൽ ആദ്യം എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് ഇഷേ അഭിഷ്ണ്യാർത്ഥസ് ഗത്യർത്ഥ്യസംഭവർവ യഥമിതി ഗമ്യതം എന്ന് പറഞ്ഞത് ഇഷിതമെന്ന് പറഞ്ഞാൽ പല അർത്ഥവും വരാം വേക നിയമങ്ങൾക്കനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങൾ വരാം ധാതുവിന് ആഭീഷണി എന്നൊരർത്ഥമുണ്ട് ആഭീഷണി എന്ന് വെച്ചാൽ ആവർത്തിക്കുക വീണ്ടും വീണ്ടും സംഭവിക്കുക ഗത്യർത്ഥമുണ്ട് ഗമിക്കുക ഇച്ഛാർത്ഥമുണ്ട് വിശ്വഗതവും വിഷാഭീഷ്ണി വിഷു ഇച്ഛായ ഒരേ ധാതുവിന് തന്നെ പല അർത്ഥമാണ് ഇവിടെ അദ്വൈതം പറയണമെങ്കിൽ ഇത് ഏത് അർത്ഥത്തെടുക്കും അങ്ങനെ അദ്വൈതത്തിനോട് അനുബന്ധമായ കാര്യങ്ങൾ പറയുന്നതിന് ഇവിടെ ഏതർത്ഥത്തെ അസ്വീകരിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞു ഇപ്പൊ ഗത്യർത്ഥപ്പെടുത്തുകഴിഞ്ഞാൽ അതിനെ കർമ്മമായിട്ടും ബന്ധിപ്പിക്കാം അതുകൊണ്ട് പറയുന്നു ഈശ്വര ആഭീഷണി അർത്ഥ്യ ഗത്യർത്ഥ സംഭവ ആഭീഷണ്യം പൗന പുണ്യം എന്ന് പറയും എന്നുവെച്ചാൽ ആവടത്താൻ വീണ്ടും വീണ്ടും സംഭവിക്കുക അത് ഇവിടെ യഥ്യടുത്ത യോഗിക്കത്തില്ല നിയമിക്കുക എന്ന് പറയുന്ന അർത്ഥം കൂടെ ചേരുന്നതില്ല ഇതൊക്കെ അസംഭവമാണത് കൊണ്ട് ഇച്ഛാർത്ഥ സൈവ യഥ്രൂപം ഇച്ഛ കേച്ഛിച്ചിട്ടാണ് അങ്ങനെ വന്നാൽ വേറെ ദോഷ ഭാഷയെക്ക് ഇഷിതം ഇത് ഇയോഗസ്ഥ അവർ ചർച്ചയെ നീട്ടിക്കൊണ്ടുപോകാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വ്യാകരണത്തിലേക്ക് കിടക്കാതെ എന്നാൽ വയ്യാകരന്മാരുടെ വായടയ്ക്കുകയും വേണം ഇഷു ഇച്ഛായാന്ന് പറയുന്ന ഇഷ് ഇച്ഛായം എന്നുള്ള ധാതു നിന്നാണെങ്കിൽ ഇവിടെ ഇഷിതോന്നല്ല വേണ്ടത് ഇഷ്ടം എന്നാണ് വേണ്ടത് ഇഷു കഴിഞ്ഞിട്ട് അവിടെ ഒരു വികാരം വരാൻ പാടില്ല അങ്ങനെ വ്യാകരണത്തിൽ ഇട്ടെന്ന് പറയും പക്ഷെ ഇവിടെ ഇഷ്ടം വന്നുണ്ട് ഇഷിതം നമ്മുടെ മുറിവയ്യാകരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അതെങ്ങനെ പ്രയോഗിച്ചു വിശ്വതം എന്നെങ്ങനെ വരും ഇഷ്ടമൊന്നെ വരേണ്ടത് ഭാഷകരണ സമാധാനം പറഞ്ഞാണ് ശാന്തസർ എന്നാൽ വേദത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് വേദത്തിൽ അങ്ങനെ പറഞ്ഞുവന്നെടുത്താൽ മതി വ്യാകരണപരമായി ഒരു ചർച്ച പോവുകയാണെങ്കിൽ പല പക്ഷങ്ങൾ വരും ചർച്ച അവസാനിക്കത്തില്ല ഒരു കൂട്ടർ പറയും പ്രേഷിതം എന്നും മറ്റു സാധനം പ്രയോഗിക്കാറുണ്ട് അതുകൊണ്ടിവിടെ ഇഷിതം എന്ന് പറയുന്നത് ശരിയാണോ വേറെ കൂട്ടർ പറയും അത് ശരിയല്ല ഇവിടെ വിട്ടുപ്രയോഗിക്കാൻ പാടില്ല ഇഷ്ടമൊന്നേവരാകൂ ഇഷ്ടമെന്നുള്ളതാണ് പ്രസിദ്ധമായ രൂപ അതിനനുസരിച്ച് ശരി തർക്കത്തിലൂടെ നിർണ്ണയിക്കാൻ ഒക്കത്തില്ല രണ്ടിനും ശരിയുണ്ട് രണ്ടിനും തെറ്റുമുണ്ട് ചർച്ച അനന്തമായി പോവും അതുകൊണ്ട് ആ ചർച്ച കൂടുതൽ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷികൾ പറഞ്ഞത് ശാന്തസ്യാകരനെ ദൃഷ്ടി നോക്കിയത് രണ്ടും ശരിയാണ് ഇശിതമൊന്നും പറയാം ഇഷ്ടമൊന്നും പറയാം നമ്മൾ സാധാരണ ഇഷ്ടമൊന്നേ പറയാറുള്ളൂ ഇഷിതമൊന്നും പറയാറില്ല പക്ഷെ അത് ശരിയാണ് ം വരികയോ വരാതിരിക്കുകയോ ചെയ്യാം നമ്മുടെ അങ്ങനെ ഒരു ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ചാന്തസഹ എന്നാണ് ഇത് വെച്ച് ഒരു പാടം കൂടി പഠിച്ചവണ്ണം ഈ വ്യാകരണ കാര്യങ്ങൾ നമ്മള് ഒക്കെ ഒരു വലിഞ്ഞു തൂങ്ങിക്കളയരുത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നും വലിയ വാശിയും നിർബന്ധമൊന്നും പഠിക്കരുത് ഇത് തെറ്റാണ് ഇത് ശരിയാണ് കർശനമായ നിലപാടുകളൊന്നും എടുക്കണ്ട എന്താണ് ഏതിനേ ശരിയാക്കാം ഏതിനേയും തെറ്റുമാക്കാം അതിനുള്ള വഴികളൊക്കെ ഈ വ്യാകരണത്തിലുണ്ട് പഴയ മാതൃവാണിക്കാരുടെ സംഭവം എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് പക്ഷെ ഞാനൊന്നും പറയുന്നില്ല ഇത് ഛാന്തസമാണ് ൂർവസ്യ നിയോഗാർത്ഥ പ്രേഷിതം ആ ഇഷിതമെന്ന് പറയുന്നതിനാൽ തന്നെ പ്ര എന്ന് പറയുന്ന ഉപസർഗം പൂർവ്വത്തിൽ ഉപയോഗിച്ചിട്ട് എന്നാണ് ഭാഷകാരം പറയുന്നത് പ്രേരണാർത്ഥത്തിൽ ഇഷിതം എന്ന് പറഞ്ഞാൽ ലഘുവായാർത്ഥം ഇഷ്ടം ഷ്ടപ്പെട്ടിട്ടാണ് ആര് ഇച്ഛിച്ചിട്ടാണോ മറ്റതിന് പ്രേരണാർത്ഥം കൂടെ വരും ആരുടെ ഇച്ഛയാൽ പ്രേരിതമായിട്ടാണ് പ്രേഷിതം രണ്ടാമത്തെ ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ ഇഷിതമെന്ന് പറഞ്ഞാലും പ്രേഷിതമെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ കേന ഇഷിതം പിന്നെ കേനപ്രേഷിതം ഇത് രണ്ടെന്തിനു പറയണം അതിനോട് അടുത്ത സമാധാനം പറയുന്നു തത്ര പ്രേഷിതമിത്യവുക്തേ പ്രേണ വിശേഷ വിഷയ ആകാംക്ഷാസ്യ പ്രേഷിതമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേര എന്നെ കുറിച്ച് ആ പ്രേഷണ പ്രേരണയെക്കുറിച്ചുമുള്ള അല്ലെങ്കിൽ ആ ഇച്ഛയെക്കുറിച്ചുമുള്ള വിശേഷത്തിലുള്ള ആകാംക്ഷകളുണ്ടാകും എങ്ങനെ കേന പ്രേക്ഷ വിശേഷണം ഏത് പ്രേരകനാണ് കീദൃശ്യം വ പ്രേക്ഷണം എങ്ങനെയുള്ളതാണ് പ്രേരണ ഇങ്ങനെയുള്ള ആകാംക്ഷകൾ നിലനിൽക്കും അത് ശമിക്കണം ആകാംക്ഷ ശമിച്ചാലേ വാക്ക്യാർത്ഥം പൂർണ്ണമാകത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ പറയുന്നു വിഷിതം വിദ്യത്വ വിശേഷനെ സതി തത് അതുകൊണ്ട് ഇഷിതം എന്നുകൂടെ ചേർത്തു ഇഷിതം പ്രേഷിതം അതുകൊണ്ട് പ്രേഷിതമെന്ന് മാത്രം പറയാതെ ഇഷിതമെന്നുകൂടി പറഞ്ഞു അതിന്റെ പൂർണമായ അർത്ഥം ഇനി രണ്ടും വേണമെന്ന് ചുരുക്കം വാദ്യം രണ്ട് ചോദ്യം മന പദ്ധതി രണ്ട് ചോദ്യമാണ് രണ്ടും ആവശ്യമാണെന്നാണ് ക ഇ മാത്രേണ പ്രർത്ഥ വിശേഷ നിർദ്ധാരണ ആത്യന്തികമായി നിർദ്ധാരണം ചെയ്യപ്പെടുന്ന അർത്ഥം ഇതാണ് ആരുടെ ഇച്ഛ കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ പ്രേരിതമാകുന്നത് പ്രേരകനെ കുറിച്ചുള്ള ജിജ്ഞാസയാണോ അത് പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അവിടെ ഒരു ചോദ്യം വരികയാണ് ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് ഏത് യേശോ അർത്ഥോ അഭിപ്രേതം ഏതാവതം ഇത് നമുക്കറിയാം നമ്മുടെ ഭാഷകാരൻ ഇങ്ങനെ ഒരു കാര്യം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗങ്ങളെ മറ്റാരോ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആ വ്യാഖ്യാനത്തെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഇതിനെ ഇങ്ങനെ വലിച്ചു നീട്ടി ചർച്ച ചെയ്ത് ആ വ്യാഖ്യാനം ശരിയല്ല എന്നും ആ വ്യാഖ്യാനാക്കളെ ബോധ്യപ്പെടുത്താം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇഷിതം പ്രേക്ഷിതം എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ എടുത്തുകൊണ്ട് നീണ്ട ചർച്ച ആവശ്യം മറ്റാരോ വേറെ ഏതോ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടും മറ്റെന്തോ ഒരു സിദ്ധാന്തം ഇതിൽ അവതരിപ്പിച്ചു അത് ഏത് വ്യാഖ്യാനം എന്നോ എന്താണ് സിദ്ധാന്തമെന്നോ എന്നും നമുക്കിന്ന് വ്യക്തമല്ല പക്ഷികു മുമ്പ് സംഭവിച്ച കാര്യമാണ് എന്തായാലും അത് മനസ്സിൽ വെച്ച് പോകും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനത്തിനുള്ള സാധ്യത മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചോദ്യങ്ങൾ ഉന്നയിച്ച് സമാധാനം പറഞ്ഞ് ഈ വാക്യത്തിന്റെ അർത്ഥത്തെ വിശ അത് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്തരം ഒരു ചർച്ച അപ്രസക്തമാണെന്ന് തോന്നിപ്പോ നമുക്ക് ഇന്ന് അപ്രസക്തമായ പല കാര്യങ്ങളും അന്ന് പ്രസക്തമായിരുന്നത് പോലെയാണ് ഈ ചർച്ചയും അന്ന് ഇതിന് പ്രസക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളത് ക്ഷമയോടെ കേൾക്കുക കേനേഷിതമിത്തി യഥാവിധ ഏവ സിദ്ധിക്കുക വക്തവ്യം പറയുന്നു ഈ അർത്ഥം ഇത് വീണ്ടും പറയുന്നത് രണ്ടും പറയേണ്ട കാര്യമില്ല ആരുടെ ഇച്ഛയാൽ പ്രേരിതമായിട്ടാണ് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിൽ പതിക്കുന്നത് ഈ അർത്ഥം വിഷിതമെന്ന് പറഞ്ഞാലും കിട്ടും പ്രേക്ഷിതമെന്ന് പറയേണ്ട കാര്യമില്ല എന്ന് ആരോരു ചോദ്യം ചോദിക്കുകയാണ് അഭിചാ ശബ്ദാധിക്യാൽ അർത്ഥാധിക്യം യുക്തമിതി ഇച്ഛയ കർമ്മണ വാച കേതമിധി അർത്ഥവിശേഷവും അവഗന്ധം യുക്ത ശബ്ദാധിക്കാൻ അർത്ഥാധിക്കും ഇതൊരു ന്യായമാണ് ഒരു ശബ്ദം ഉപയോഗിച്ചിട്ട് മറ്റൊരു ശബ്ദം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ശബ്ദത്തെ തന്നെ ആവർത്തിച്ചാലും മതി അവിടെ അർത്ഥത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും ശബ്ദാധിക്കാൻ അർത്ഥാധിക്കും എന്ന് ന്യായമാണ് ഭാഷാപരമായി ശബ്ദം പ്രയോഗിക്കുന്നവരൊക്കെ അംഗീകരിക്കേണ്ട ഒരു നിയമമാണ് വ്യാഖ്യാതാക്കൾ അവലംബിക്കേണ്ട ഒരു തത്വമാണ് അതനുസരിച്ച് ഇഷിതം പ്രേക്ഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടർത്ഥം പറഞ്ഞു അത്തരം നിയമങ്ങളെ അനുസരിച്ച് ഏതർത്ഥത്താണെങ്കിലും പറയാൻ പറ്റും അല്ലാതെ തന്റെ ഭാവനയ്ക്കനുസരിച്ച് എന്തെങ്കിലും ഒരു അർത്ഥം പറയുകയും അതിന് ശബ്ദവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിദ്വാൻമാരത് അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ശബ്ദാധിക്യം എന്നാൽ അർത്ഥാധിക്യം വരും അർത്ഥാധിക്യം വരും അതുകൊണ്ട് വിശിതം പ്രേക്ഷിതമെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറ്റണമല്ലോ അങ്ങനെയാണെങ്കിൽ ഏതർത്ഥമാണ് വരേണ്ടത് ഇച്ഛയാ വിശുദ്ധം എന്നുള്ളതിന് ഇങ്ങനെ അർത്ഥം കൊടുക്കാം ആരുടെ ഇച്ഛയാലാണ് കർമ്മണ വാചാവ പ്രേക്ഷിതമെന്നുള്ളതിന് ഇങ്ങനെ അർത്ഥം കൊടുക്കാം ആരുടെ കർമ്മത്താലാണ് ആരുടെ വാക്കിനാലാണ് കേനപ്രേഷിതം ഇത് അർത്ഥവിശേഷം ഇങ്ങനെയൊരു അർത്ഥത്തെടുത്താൽ അങ്ങനെ ഒരു സാധ്യതയെ തള്ളിക്കളയാൻ വയ്യ അപ്പോ ഈ വാചകത്തിന്റെ അർത്ഥം ഇങ്ങനെയാവും കേന ഇഷിതം ഇച്ഛിച്ചിട്ടാണ് ഇവയെല്ലാം വിഷയങ്ങളിൽ പതിക്കുന്നത് ഇനി ആരുടെ കർമ്മത്താൽ പ്രേരിതമായിട്ടാണ് ആരുടെ വാക്കിനാൽ പ്രേരിതമായിട്ടാണ് ം അതിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ രണ്ടാമതൊരർത്ഥം ഇതായാലോ ഭാഷകാരം പറയുന്നു അതും ശരിയല്ല പ്രശ്ന സാമർഥ്യ എന്താണ് അത് വിശദീകരിക്കുന്നു ദേഹാദി സംഘാതാദ് അനിത്യാദ് കർമ്മകാര്യത് വിരക്തോ അതോ അന്യ നിത്യം വസ്തുസമാനഹ പൃഥ്ചീരി സാമർഥ്യ ദേഹാദിസംഘാതാ നിദേഹാദിസംഘാതം ഇത് അനിത്യമാണ് കർമ്മകാര്യ ഇത് കർമ്മകാര്യമാണ് ഇതിൽ നിന്ന് വിരക്തനായവൻ ഇതിൽ ഉദാസീനനായവൻ ഇതിൽ താൽപര്യമില്ലാത്തവൻ ഇതിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്നും അന്യമായിരിക്കുന്ന കൂടസ്ഥ ഇതിൽ നിന്നും അന്യമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന കൂടസ്ഥ ആത്മവസ്തുവനെ അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ചോദിക്കുന്നത് ഇത് സാമർഥ്യ എന്നുള്ളത് കൊണ്ട് ഉപപദ്ധ്യത നിങ്ങൾ നേരത്തെ പറഞ്ഞു അത് ഞാനിനി പറയാൻ പോകുന്ന സമാധാനമാണ് യുക്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് യുക്തി പറയുന്നു ഇതരഥ ഇച്ഛർമിർ ദേഹാദി സംഘാതം പ്രസിദ്ധമിതി പ്രശ്നം അനർത്ഥ്യവസ്യ ഈ സംഘാതം ശരീരം ഇത് മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് ഇത് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇതെല്ലാം കൂടി ചേർന്നിട്ട് പ്രവർത്തിക്കുന്നതിന് തന്നെ ഇതിന്റെ പ്രേരണയും ഈ ശരീരത്തിൽ നിന്ന് തന്നെ ഇക്കാര്യം പ്രസിദ്ധമാണെന്ന് വെച്ചാൽ പാമരന്മാരായ സാധാരണ മനുഷ്യർക്കും അറിയാം എന്തുകൊണ്ടീ മനസ്സ് പോകുന്നു ഞാൻ ആഗ്രഹിച്ചിട്ട് എന്റെ മനസ്സിൽ ആഗ്രഹം വരുന്നു എന്തുകൊണ്ട് കാണുന്നു കണ്ണിന് പിന്നിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നു അതുകൊണ്ട് കാണുന്നു ഇത് സർവ്വേർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനുവേണ്ടി ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല സാറിന് നമ്മൾ ചോദിക്കാറുണ്ടോ എത്രയോ വർഷമായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു കേൾക്കുന്നു കണ്ണ് എന്തുകൊണ്ട് കാണുന്നു അല്ലെങ്കിൽ കണ്ണിനെ ആര് പ്രേരിപ്പിച്ചിട്ടാണ് കാണുന്നത് എന്നു ചോദിക്കാറില്ല ശരി സാറിനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കാണുന്നത് അന്വേഷണം നടക്കും കണ്ണിന്റെ പ്രവർത്തനങ്ങളെ പഠിക്കും അവിടെ ഇന്ന സംഭവങ്ങൾ നടക്കുന്നു തലച്ചോറ് പ്രവർത്തിക്കുന്നു നാടികൾ പ്രവർത്തിക്കുന്നു കണ്ണിന്റെ ഓരോ ഭാഗങ്ങളും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് കണ്ണ് കാണുന്നു ചോദ്യ സമാധാനവുമായി ഇത് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതും എല്ലാവർക്കും സമാധാനം കിട്ടുന്നതുമായ കാര്യമാണ് എന്തുകൊണ്ട് ഇത് ഈ ശരീരത്തെ അല്ലെങ്കിൽ ഈ സംഘാതത്തെ സംബന്ധിച്ചുള്ള ചോദ്യവും സമാധാനമാണ് അതിനാണ് നമ്മൾ ഭൗതികമായ അന്വേഷണമെന്നും ഭൗതികമായ കണ്ടെത്തലമെന്നും പറയും അത് ഈ സംഘാതത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ആ ഇന്ദ്രിയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു നമുക്ക് സമാധാനം കിട്ടുന്നുണ്ട് നമ്മൾ ഓരോ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നു കണ്ണു കാണുന്നത് എന്ന രീതിയിലാണ് ഭൗതിക ശാസ്ത്രം നമ്മളെ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇത് പ്രസിദ്ധമാണെന്നർത്ഥം അന്വേഷിച്ചു കഴിഞ്ഞാൽ എളുപ്പം കണ്ടെത്താവുന്നതോ അല്ലെങ്കിൽ സാമാന്യമായി ജനങ്ങൾക്കെല്ലാം ഒരു ബോധമുള്ളതും ആണത് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമല്ല ഇത് എന്നറിയാം ശരീരസംഘാതത്തെ സംബന്ധിച്ച് അതിൽ ഒതുങ്ങുന്ന ഒരു ചോദ്യമോ സമാധാനമല്ല ഇവിടെ പറയും അങ്ങനെ ഒരു ചോദ്യം വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വിഡ്ഢിയാവും കാരണം എന്തുകൊണ്ട് കണ്ണെങ്ങനെ കാണുന്നു ചെവി എങ്ങനെ കേൾക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം ധാരാളം അന്വേഷണങ്ങളും നിഗമനങ്ങളുമുണ്ട് ഇനി പുതിയൊരു ചോദ്യം ചോദിച്ച് പുതിയതായിട്ടൊന്നും നോക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കാൾ ഒരുപാട് ആൾക്കാരെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പലതും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രസിദ്ധമാണ് ഈ ശരീര സംബന്ധിയായൊരു ചോദ്യമല്ല ഇവിടെ ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിച്ച ആളുകൾ ഒരു പക്ഷെ അതെല്ലാം അറിയാമായിരുന്നിരിക്കണം പിന്നെയോ പ്രേഷിത ശബ്ദ അർത്ഥവും പ്രദർശിതയോ പക്ഷേ ആരാണിതിനെ പ്രവർത്തിപ്പിക്കുന്നത് ആരുടെ പ്രേരണയാണിതിലുള്ളത് എന്നുള്ള ചോദ്യത്തിന് സമാധാനം ചോദ്യവും ഉത്തരവും ഈ സംഘാതത്തിൽ ഒതുങ്ങി നിക്കുകയാണെങ്കിൽ കാരണം ഇതറിയാവുന്ന കാര്യമാണ് അപ്പോൾ ചോദ്യം എന്താണ് ഈ സംഘാതത്തിനപ്പുറമുള്ള ഒരു പ്രേരകനെ കുറിച്ചാണ് ചോദിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കാറില്ല നമ്മളെന്താണ് ചെയ്യുന്നത് ഈ കണ്ണെങ്ങനെ കാണുന്നു എന്നറിയണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും അങ്ങേറ്റം വന്നാൽ നമ്മളെ തല വെട്ടിപ്പൊളിച്ച് തലച്ചോറടുത്ത് പരിശോധിച്ചു എങ്ങനെയാണ് ഈ കണ്ണ് കാണുന്ന അവിടെ നിന്ന് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യും തലച്ചോറിന്റെ രാസപ്രവർത്തനങ്ങളും മറ്റും മനസ്സിലാക്കുകയും ചെയ്യും ഇവിടെ അതല്ല ഇവിടെ ചോദ്യവും അതല്ല ഇവിടെ ഈ സംഘാതത്തിനപ്പുറം ഇതിന് ഏതെങ്കിലും പ്രേരകനുണ്ടോ അതാണ് ഇവിടുത്തെ ചോദ്യം അതികവും ആത്മീയവും തമ്മിലുള്ള വ്യത്യാസം ഭൗതികമെന്ന് പറയുമ്പോ ഈ സംഘാതത്തിൽ ഒതുങ്ങി നിൽക്കും അതിൽ അന്തർഭവിക്കുന്നു ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി ചേർന്ന് ഈ സംഘാത ഇവിടെ ചോദ്യം അവിടെ ഒതുങ്ങുന്നില്ല അതിനപ്പുറം പോകും ഭാഷകാരൻ അവിടേക്കാണ് ചിന്തിച്ചെന്ന് എത്തുന്നത് പ്രേക്ഷിത ശബ്ദത്തിന്റെ അടുത്ത ഇതിനെല്ലാം പ്രേരകനായിരിക്കുന്നു നമ്മുടെ തലച്ചോറിനും പിന്നിലിരിക്കുന്ന മനസ്സിനും പിന്നിലിരിക്കുന്ന ഒരു പ്രേരകൻ പ്രാണനും പിന്നിലിരിക്കുന്ന പ്രേരകൻ അതാണ് വിശദീകരിക്കുന്നത് കിം യഥാപ്രസിദ്ധമേവ കാര്യകരണ സംഘാതസ്വീ പ്രേതൃത്വം എല്ലാ പ്രവർത്തനങ്ങളും ഈ നമുക്കറിയാവുന്ന ഈ സംഘാതത്തിൽ ഒതുങ്ങുന്നതാണോ ഈ തലച്ചോറിലും ശരീരത്തിലും ഈ കർണങ്ങളിലും മനസ്സിലുമൊക്കെ ഒതുങ്ങുന്നതാണോ കാര്യകരണ സംഘാതം ഇതാണല്ലോ ഇതിനാണോ ഈ ഇതിനെക്കുറിച്ചാണോ ഈ ചോദ്യം ചോദിക്കുന്നത് കിംബ സംഘാത വ്യതിരിക്ത സ്വതന്ത്രസ്യ ഈ സംഘാതത്തിൽ നിന്നും പൂർണ്ണമായും വേറിട്ടിരിക്കുന്ന ഒരു പൂർണ്ണമായും സ്വതന്ത്രം ഈ സംഘാതത്തിനുമായി തികച്ചു സ്വതന്ത്രമായി നിൽക്കാനുള്ള ഈ സംഘാതത്തിന് ഒന്നിന് വേറെ ഒന്നിനെ വെട്ടുപിരിഞ്ഞ് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റത്തില്ല അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരും കർമ്മങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല ശരീരത്തിനും മാറാൻ പറ്റത്തില്ല മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കൊന്നും തികച്ചു സ്വതന്ത്രമായി നിൽക്കാൻ പറ്റത്തില്ല ആപേക്ഷികമാണ് അത് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു കാര്യം എല്ലാവർക്കും അറിയാം അതല്ല സംഘാത വ്യതിരിക്ത സ്വതന്ത്ര ഇച്ഛ മാത്രേ നൈവ മന ആദിപ്രേക്ഷിതൃത്വം ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരുവന്റെ ഇച്ഛ ഇച്ഛ എന്ന് പറയുമ്പോൾ വിപുഷത്തിന് മധ്വാചാര്യരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ശങ്കരാചാര്യരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് രണ്ടുപേരുണ്ട് രണ്ട് ശ്രദ്ധാന്തത്തെയാണ് മധ്വാചാര്യർ വ്യാഖ്യാനികം പറയും ആ ഇച്ഛ എന്ന് പറയുന്നത് ഭഗവാന്റെ ഇച്ഛ എന്ന് പറയും ശങ്കരാചാര്യ വ്യാഖ്യാനികം പറയുമ്പോൾ അതിന്റെ താല്പര്യം എന്താണോ ഇച്ഛ എന്ന് പറയുമ്പോൾ അതിന്റെ സാന്നിധ്യം അതിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നു ഇച്ഛയെല്ലാം ഇവിടെ ഈ താഴെ ഈ മനസ്സിന്റെ തലത്തിൽ നടക്കുന്നു പ്രവർത്തനങ്ങളെല്ലാം പ്രാണന്റെ തലത്തിൽ നടക്കുന്നു അതിന്റെ പിന്നിൽ സർവസാക്ഷിയായി ഒരു ചൈതന്യം ഒരു ചൈതന്യ വിശേഷം പ്രേരകൻ എന്നതിനെ പറയുന്നത് അതിന്റെ സാന്നിധ്യത്തിൽ അത് പ്രേരിപ്പിച്ചിട്ടെന്നതുപോലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് വിത്യസ് അർത്ഥ്യ പ്രദർശനാർത്ഥം ആ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കേനേഷിതം പദ്ധതി പ്രേക്ഷിതം വന ഇതി പ്രേഷിതം വിഷിതം എന്ന് പറയുന്നതിന് രണ്ടാർത്ഥം ഇവിടെ ഭാഷകാരനും പറയുന്നതിന്റെ താല്പര്യമാണ് ചേനപ്രേക്ഷിതം ഈ സംഘാതത്തിന്റെ പ്രേരണ കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൗതികശാസ്ത്രം പറയുന്നതുപോലെ ഈ സംഘാതം ഈ തലച്ചോറ് അതിന്റെ രാസപ്രവർത്തനങ്ങൾ ഈ ശരീരം ബാഹ്യപ്രകൃതി ഈ കരണങ്ങൾ ഇതെല്ലാം ഇവിടെ കൂടിച്ചേർന്നിട്ടുണ്ട് ഒരു പ്രവർത്തനം പ്രതിപ്രവർത്തനം ഇതാണ് ഈ കാണലും കേൾക്കനും ഇതിനെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഭൗതികം അതാണോ അതോ ഈ സംഘാതത്തിന് വ്യതിരിക്തമായി ഇതിന്റെ പിന്നിൽ ഒരുവന്റെ സാന്നിധ്യമുണ്ടോ അതാണ് ആത്മാന്വേഷണം ആ ചോദ്യത്തിന് സമാധാനമായിട്ടാണ് ഇവിടെ പ്രതിബോധവിദ്യം ബോധത്തെ കൊണ്ടുവരുന്നത് ഈ സംഘാതത്തിന് വ്യതിരിക്തമായൊരു ബോധം ആ ബോധ സാന്നിധ്യത്തിനാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആ ബോധസാന്നിധ്യം ഈ പ്രപഞ്ചകർമ്മത്തെ ഉണ്ടാകും ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം അടങ്ങി ഈ വിപുലമായ കർമ്മ പ്രപഞ്ചത്തെ ഉണ്ടാകും അതുകൊണ്ട് ആ ബോധ സാന്നിധ്യം ഇതിനൊക്കെ ഒരു എന്ന് പറയാം അതാണോ എന്നാണ് ഇഷിതം പ്രേഷിതം എന്ന് പറയുന്ന രണ്ട് ചോദ്യത്തിന്റെ താല്പര്യം സംഘാതമാണോ ഇതിന് പ്രേരിപ്പിക്കുന്നത് ആദ്യത്തെ ചോദ്യം കേന ഇഷിതം രണ്ടാമത്തെ ചോദ്യം കേനപ്രേക്ഷിതം ഈ സംഘാതത്തിൽ നിന്നും എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭൗതികത്തെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാ ആത്മീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു വിശേഷിച്ചു ആത്മ അന്വേഷണത്തിൽ അന്ത്യം ഭൗതികമായി ഇതെങ്ങനെ സംഭവിക്കുന്നു എന്താണെന്ന് ചിന്തിക്കുന്നു അതാണ് അദ്വൈതത്തിൽ ഒരുപാട് പ്രക്രിയകൾ വിചാര ശൈലികൾ വന്നിട്ടുള്ള അധ്യാരോപ അപവാദ ന്യായങ്ങൾ വന്നിരിക്കുന്നത് ആദ്യം ഭൗതികമായി തന്നെ ചിന്തിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കാം അതാണ് സംഘാതമാണോ അതിന്റെ പ്രേരകം എന്ന് ചിന്തിക്കുന്നു ഇവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും അദ്വൈത ശാസ്ത്രങ്ങളിൽ തന്നെ ഈ സംഘാതം എങ്ങനെ പ്രവർത്തിക്കുന്നു അത് മൂലപ്രകൃതിയിൽ തുടങ്ങി ഗുണനിരൂപണം ഇന്ദ്രിയ നിരൂപണം തുടങ്ങിയ വിഷയങ്ങളിലൂടെ ആ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നു പക്ഷെ ആ ചർച്ചയോടെ അവസാനിപ്പിക്കുന്നു അല്ലാതെ ഭൌതികമായ ചർച്ചയില്ലാത്തതാണ് ആധ്യാത്മിക ശാസ്ത്രം എന്നുള്ള ചർച്ചയിൽ അത് ആത്യന്തികമല്ലാത്തതുകൊണ്ട് അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നു കാരണം എത്തിച്ചേരേണ്ടത് ഭൗതികത്തിനപ്പുറമാണ് ആത്മീയതയിലാണ് അതുകൊണ്ട് അതിനപ്പുറം കിടന്ന് ചോദിക്കുന്നു ആ സംഘാതത്തിന് വ്യതിരിക്തമായൊരുവനാണോ പ്രേരിപ്പിക്കുന്നത് അവന്റെ സാന്നിധ്യമാണോ സംഭവിക്കുന്നതിന് പ്രേരകമായിരിക്കുന്നത് സാന്നിധ്യം തന്നെയാണ് പ്രേരകമുണ്ട് ഇത് വിശേഷണം ദ്വയമെ അതുകൊണ്ട് ഈ രണ്ട് വിശേഷണവും യോജിക്കുന്നു സ്വതന്ത്രം മനഹാസ്വ വിഷയെ സ്വയം പദ്ധതി പ്രസിദ്ധ ഇവിടെ ചോദിക്കുന്നു പറഞ്ഞല്ലോ ഈ സംഘാതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പ്രസിദ്ധമാണ് ഇല്ലെങ്കിൽ ഭൗതികമായി അന്വേഷണം നടത്തി അതിന്റെ സമാധാനം കിട്ടും ആരോപിച്ചുകൊണ്ട് പറയുകയാണ് അത് സ്വതന്ത്രമാണ് മനസ്സ് അത് അതാതിന്റെ വിഷയങ്ങളിൽ സ്വയം പ്രവർത്തിക്കുന്നു അവിടെ മറ്റൊന്നിന്റെ ആവശ്യം എന്താണോ നമ്മുടെ അനുഭവത്തെ തെളിയുന്ന കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു ഇന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെ കാണുന്നു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു കേൾക്കുന്നു മനസ്സിന് ആഗ്രഹമുള്ളടത്തല്ല അത് പോകുന്നു അപ്പൊ മനസ്സല്ലേ മുഖ്യം അത് സ്വതന്ത്രമല്ല ഇതെല്ലാം ചെയ്യുന്ന ഇനി അതിനപ്പുറം വേറെ ഒന്നിനെ എന്തിനന്വേഷിക്കണം എന്തിനു കൽപ്പിക്കണം അതാണ് ചോദ്യം സമാനം പറയുന്നു തത്ര കഥം പ്രശ്നബൂർത്തി എന്തിനൊരു ചോദ്യം അതിന്റെ ആവശ്യമേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സ്വ അനുഭവത്തിൽ തന്നെ തൃപ്തമാകുക ആത്മാവിനെ കുറിച്ചുള്ള അവസാനിപ്പിക്കുക അങ്ങനെയാണ് പറഞ്ഞ പോലെ ലോകത്ത് പ്രസിദ്ധമായിരിക്കും അതിനവർക്ക് സമാധാനമുണ്ട് ഒരു കാര്യം സ്വ അനുഭവത്തിൽ സ്പഷ്ടമായിരിക്കെ അതിനപ്പുറം എന്തിനും കടന്ന് ചിന്തിക്കണം സാധാരണക്കാർ പറയാറുള്ളത് മനസ്സ് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സ്പഷ്ടമായിരിക്കും അതാണ് സ്വതന്ത്രമായിരിക്കുന്നത് ഞാൻ അതിനപ്പുറത്തേക്ക് എന്തിനും കടന്ന് ചിന്തിക്കണം പറയുന്നു ചിന്തിക്കാനുണ്ട് അവിടെ നമ്മൾ കരുതുന്നത് പോലെ മനസ്സ് സ്വതന്ത്രമല്ല തന്ത്രം മനഃ പ്രവൃത്തി നിവൃത്തി വിഷയം സാർ സർവനിനം നനർംച്ച ജാനം സങ്കൽപ്പയത് പത്തിയ വാര്യമാണമ പറയുന്നു സ്വതന്ത്രം മനഃ പ്രവൃത്തി വിഷയം മനസ്സ് സ്വതന്ത്രമാണ് പ്രവർത്തിക്കുന്നതിന് അങ്ങനെയൊരു ചോദ്യമുണ്ട് എന്താണ് സർവസ്യ അനിഷ്ടചിന്തനം സ്യ എന്തിനും നിങ്ങളെ അനിഷ്ടത്തെ ചിന്തിക്കണം അനിഷ്ടചിന്തനം എന്ന് പറഞ്ഞാൽ അനിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സെന്തിനാ അവിടെ പോണം അനിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് കഷ്ടത്തെ ഉണ്ടാക്കുന്നതാണ് നഷ്ടത്തെ ഉണ്ടാക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് മനസ്സവിടേക്ക് എന്തിനു പോകണം സുഖത്തെ ആഗ്രഹിക്കുന്നു ലാഭത്തെയാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും മനസ്സെങ്ങനെ പോകും അത് സ്വതന്ത്രമായിരുന്നെങ്കിൽ അങ്ങനെ പോവാൻ പാടില്ലല്ലോ മനസ്സ് വെറുതെ പാവയാണ് ഏതോ ഒരു സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് മറ്റെന്തോ സ്വാധീനങ്ങളിൽ പെട്ട് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അത് സ്വതന്ത്രമാണ് അതാണ് പരമാവധി എന്ന് നിശ്ചയിക്കാൻ വയ്യ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അനിഷ്ടം ചിന്തിക്കില്ല അനിഷ്ടം പറയില്ല അനിഷ്ടം പ്രവർത്തിക്കത്തില്ല പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ തുടക്കം ചിന്തയാണ് ചിന്ത ചിന്തയിലാണിതെല്ലാം തുടങ്ങുന്നത് പക്ഷെ മനസ്സ് അനിഷ്ടത്തിലേക്ക് പോകുന്നുണ്ടല്ലോ അനർത്ഥം ചാനൻ എന്നെ സങ്കല്പിക്കും അനർത്ഥമാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്നെ സങ്കല്പിക്കുന്നു ദോഷമാണ് ആ വഴി ചിന്തിക്കരുത് അത് അനർത്ഥത്തെ ഉണ്ടാക്കും അങ്ങനെ ചിന്തിക്കരുത് എന്നൊക്കെ ഉപദേശിക്കുകയും സ്വന്തം വിവേകം കൊണ്ടത് ഗ്രഹിക്കുകയും ചെയ്താലും അവന അനർത്ഥത്തിലേക്ക് പോകും പറയും എനിക്ക് പിടിച്ചു നിക്കാൻ കഴിയുന്നില്ല ആർക്ക് മനസ്സിന് അമ്മനസ് എങ്ങനെ സ്വതന്ത്രമാകും അതങ്ങനെ അവസാനത്തേതാകുമെന്നാണ് അവരെ ഇന്ന് അത്യുഗ്ര ദുഃഖീച്ച കാര്യ ഇപ്പൊ ഉടൻ സംഭവിക്കാൻ പോകും ദുഃഖമാണ് ഇതിന്റെ ഫലം വാര്യമാണ് മനസ്സിനെ അതിനൊന്ന് പിടിച്ചു ശ്രമിച്ചാൽ മനസ്സിനോട് പറയുന്നത് നീ അങ്ങോട്ട് പോകണ്ട ഇത് ഗുണത്തിനുണ്ടോ ദോഷത്തിനാണ് എന്ന് എനക്ക് പറ്റിയതല്ല ഇതിന്റെ ഫലം ദുഃഖമാണ് അതാണ് പറയുന്നത് വാര്യമാണോ പിടിച്ചു മാറ്റിയാലും ശരി പ്രവൃത്തതയോ അത് പ്രവർത്തിച്ച് തന്നെ ഇരിക്കും അപ്പം മനസ്സെങ്ങനെ സ്വതന്ത്രമാവും സ്വയംശക്തിയില്ലാത്തത് കൊണ്ടല്ലേ അത് സ്വയം അത് ദുർബലമായതുകൊണ്ടല്ലേ അതിന് സ്വയം വിവേകത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയും അതിനെ സ്വാധീനിക്കുന്ന മറ്റെന്തൊക്കെയോ ഉണ്ടോ അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഇതിനെന്തൊക്കെയാണ് പ്രേരിപ്പിക്കുന്നത് പല ഘടകങ്ങളുണ്ടാകാം മനസ്സിനെ പ്രേരിപ്പിക്കുന്ന സംസ്കാരങ്ങൾ കാണാം മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ബാഹ്യവിഷയങ്ങൾ ഉണ്ടായേക്കാം പലതും ഉണ്ടായേക്കാം അതിന് മുഖ്യമായതേത് അതാണ് ഇവിടെ അന്വേഷിക്കുന്നത് അതിന് മുഖ്യമായിരിക്കുന്നത് എന്തായാലും മനസ്സല്ല മനസ്സിന് ജീവശക്തിയെ പ്രദാനം ചെയ്യുന്ന മറ്റെന്തോന്നുണ്ട് അതിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഈ മനസ്സ് അതിനുള്ള പല അവശതകളോടും കൂടി കൂടിച്ചേർന്നിട്ട് അതിന്റെ അവശത എന്ന് പറയുന്ന എന്താണ് ഈ ഓരോ സംസ്കാരങ്ങളും മറ്റും എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അത് പരവശനായി പ്രവർത്തിക്കുകയാണ് അതിന്റെ ഈ പരവശത മനസ്സിന്റെ ഇത് കണ്ടു തന്നെ മനസ്സിലാക്കാം മനസ്സ് അവസാനത്തതല്ല മനസ്സിനും പിന്നിലെന്തൊക്കെയോ ഉണ്ട് അതാണ് ക്കും കർമ്മത്തിലേക്കും രാഗദ്വേഷങ്ങളിലേക്കും ഒക്കെ ചെന്നെത്തുന്നത് ആ അന്വേഷണമാണ് തസ്മാതിഷിതം ഇത്യാദി പ്രശ്നം അതുകൊണ്ട് സ്വന്തം അനുഭവം സ്വന്തം മനസ്സിനെ കുറിച്ചുള്ള അനുഭവം അനുഭവമുണ്ട് അതുകൊണ്ട് ചോദ്യം പാടില്ല എന്നുള്ളതല്ല മനസ്സിനെക്കുറിച്ചുള്ള അനുഭവമുണ്ട് പക്ഷെ അനുഭവം സംതൃപ്തമാക്കുന്നു ആ അനുഭവം ഒരു പൂർണത തരുന്നത് ആ അനുഭവം തരുന്നത് എന്താണ് ഒരു അപൂർണതയാണ് അനുഭവം ഇല്ലാത്തോണ്ടല്ലോ ചോദിക്കുന്നു ആ അനുഭവത്തിന്റെ അപൂർണതയിൽ നിന്നാണ് ചോദിക്കുന്നത് മനസ്സിനപ്പുറം എന്താണ് എന്ന് ചോദിക്കുന്നു അപ്പൊ എന്തോ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ചോദിക്കുന്നത് അറിയാമെന്തോ ഉണ്ടെന്ന് എന്താണ് എന്നുള്ള അനുഭവം മനസിന്റെ അനുഭവം ഉള്ളതുപോലെ മനസ്സിനപ്പുറമുള്ളതിന്റെ അനുഭവം അപ്പൊ അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇതുവരെ മനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് മനഃഷിതം മനഃ പദതി കേനപ്രേഷിതം മനഃപ്ര അടുത്ത ചോദ്യമാണ് അത് മനസ്സിനെ സംബന്ധിച്ച് അടുത്ത സംബന്ധിച്ചാണ് ചോദ്യം കേന പ്രാണോയുക്ത നിയുക്ത പ്രേരിത സൻ പ്രീതി സ്വ വ്യാപാരം കേനപ്രാണ പ്രീതി കേനപ്രാണയുക്തക്ത ആരാൾ നിയോഗിക്കപ്പെട്ടിട്ടാണ് പ്രേരിതനായിട്ടാണ് പ്രീതി സ്വ വ്യാപാരം പ്രതി പ്രാണന്റെ വ്യാപാരങ്ങളിലേക്ക് മനസ്സ് പ്രവർത്തിക്കുന്നതെല്ലാം പ്രാണനും പ്രവർത്തിക്കുന്നു മനോവ്യാപാരം പോലെ തന്നെയാണ് പ്രാണന്റെ വ്യാപാരം രണ്ടിനെയും വേർതിരിക്കാൻ പ്രയാസമുള്ളതാണ് കാരണം പ്രാണന്റെ പ്രവർത്തനം ആര് പ്രേരിപ്പിച്ചിട്ടാണ് പ്രാണൻ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താണ് പ്രാണന്റെ പ്രവർത്തനം എന്നറിയാവുന്ന ഒരാളാണ് ചോദിക്കുന്നത് എന്നെ കുറിച്ചുള്ള സാമാന്യം ജ്ഞാനമുള്ള ചോദിക്കും മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ പ്രാണൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാ പ്രാണം പ്രവർത്തിക്കുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കാം മനസ്സിന്റെ പ്രവർത്തനവും പ്രാണന്റെ പ്രവർത്തനവും ഏടുതിരിക്കാൻ വയ്യാത്താണ് ഇവിടെ അദ്വൈതത്തിൽ പ്രാണനും മനസ്സും ഒരേ തത്വം രണ്ടല്ലതാണ് രണ്ട് സൂക്ഷ്മാണ് മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയെ സംബന്ധിച്ച് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുമ്പോ അവിടെ അദ്വൈതികൾ പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത് യോഗ വേദാന്ത പ്രക്രിയ സാങ്കയോഗ പ്രക്രിയ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സാഖ്യയോഗ പ്രക്രിയ അതായത് സാഖ്യന്മാരും യോഗികളും എന്താണോ അതിനെക്കുറിച്ച് പറയുന്നതാണ് സ്വീകരിച്ചിരിക്കുന്നത് ന്യായവൈശേഷിക പ്രക്രിയ അല്ല രണ്ട് തരം രണ്ടുണ്ട് രണ്ട് പ്രക്രിയകളുണ്ട് ദാർശനികന്മാരുടെയും അസ്തികന്മാരുടെയും പ്രാണനെ സംബന്ധിച്ചും മനസ്സിനെ സംബന്ധിച്ചും ഒന്ന് എന്ന് പറയുമ്പോൾ സാഖ്യ യോഗശാസ്ത്രങ്ങളിലുള്ള വിചാരീതി പ്രക്രിയ എന്ന് പറഞ്ഞാൽ ചിന്താപദ്ധതി വിചാര രീതി അതാണ് മറ്റൊന്നും അസ്ഥികന്മാര് തന്നെയാണ് ന്യായവൈശേഷികന്മാർ അവരുടെ വിചാര രീതി അതന്നെ സ്വീകരിച്ചിരിക്കുന്നു മനണത്തിന് ന്യായവൈശേഷിക ചിന്താരീതിയെ അദ്വൈതികൾ സ്വീകരിക്കുന്നു പക്ഷേ ഈ കാര്യത്തിൽ മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ രീതികളെല്ലാം പ്രധാനമായി സ്വീകരിക്കുന്നു അദ്വൈതത്തിൽ സാങ്കേ്യത്തെയും യോഗത്തെയും മറ്റുമൊക്കെ നിഷേധിക്കുന്നത് വേറെ തലത്തിലാണ് പക്ഷെ അവരെ അംഗീകരിക്കുകയും ശങ്കരാചാര്യർ വളരെ ഇടപ്പെട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ സാഖ്യ യോഗങ്ങളോടാണ് അപ്പൊ അവിടെ പ്രാണവ്യാപാരത്തെക്കുറിച്ച് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു നമ്മൾ മനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്ത പോലെ പ്രാണനെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കുമ്പോ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് എന്നാൽ ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സമഷ്ടി സൂക്ഷ്മഭൂതങ്ങൾ അതിന്റെ സാത്വികമായ ഭാവം അതാണ് മനസ്സ് അല്ലെങ്കിൽ അന്ധകർമ്മ സൂക്ഷ്മഭൂതങ്ങളുടെ സാത്വിക ഭാവം അതിന്റെ തന്നെ രാജസ്വഭാവമാണ് പ്രാണൻ ഇത്രയുള്ള വ്യത്യാസം രണ്ട് സൂക്ഷ്മഭൂതങ്ങൾ എന്നുവെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ ഭാവം പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവം എന്ന് പറയുമ്പോൾ അതിന് ഇന്ന് പറയുന്ന എന്താണ് എനർജി അല്ലെങ്കിൽ അണു അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല മുമ്പ് ഞാനത് വിശദമാക്കിയിട്ടുള്ളതാണ് ഇവിടെ അതിന് പറയുന്നത് തന്മാത്രയെന്നാണ് ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പലരും പ്രസംഗിക്കാറുമില്ല രണ്ടും ഒന്നല്ല എല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ ശരി പ്രക്രിയാപരമായി രണ്ടും ഒന്നല്ല തന്മാത്ര എന്ന് പറയുന്നത് പഞ്ചതന്മാത്രവും ശബ്ദസ്പർശ രൂപരസകം ഭൗതികത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് അദ്വൈതത്തിന്റെ ആ തന്മാത്രകളിൽ നിന്നാണ് പരമാണുക്കളിൽ നിന്നല്ല പരമാണുക്കൾ വരെ തന്മാത്രകൾ വരെ പരമാണുക്കളെ കുറിച്ച് അർച്ച ചെയ്യുന്നത് ന്യായവൈശേഷിക ദർശനങ്ങളിലാണ് അവിടെ പരമാണുക്കളെ കുറിച്ച് പറയുന്നത് പോലും ഇന്നത്തെ ഭൂതിയശാസ്ത്രജ്ഞന്മാർ പറയുന്ന പരമാണുക്കളുമായിട്ടതിന് യാതൊരു ബന്ധവുമില്ല നമ്മൾ വെറുതെ പൊങ്കച്ചം പറയാൻ വേണ്ടി പറയും നമ്മുടെ അപ്പൂപ്പന്മാരാണ് ഈ പരമാണുവൊക്കെ കണ്ടുപിടിച്ചത് സായിപ്പന്മാരുടെ പറയും അത് വെറും പൊങ്ങച്ചവരർത്ഥമായി അവർ പറഞ്ഞ പരമാണു വേറെ ഇന്ന് സായിപ്പ് കണ്ടുപിടിച്ച പരമാണു വേറെ ും രണ്ടും ഉള്ള ബന്ധമെന്ന് പറയുന്നത് കടലും കടലാടിയും ബന്ധമാണ് ന്യായവൈശേഷിക ദർശനങ്ങൾ പറയുന്ന പരമാണു എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു കണിക അതിന്റെ എട്ടിലൊന്നതിനാണ് അവര് പരമാണു എന്ന് പറയുന്നത് എട്ടിലരം അതിനെയാണ് ഇന്ന് ഭൗതികശാസ്ത്രത്തിലണു എന്ന് പറയുന്നത് അതിനെ ഇന്നത്തെ എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയണം അതല്ല എന്നാലും സ്വാമിമാർ പ്രസംഗിക്കും എല്ലാം നമ്മുടെ അപ്പന്മാരുടെ കയ്യിൽ നിന്ന് പോയതാണ് അത് അബദ്ധമാണ് രണ്ടും അറിയാത്തതിന്റെ കുഴപ്പമാണ് ഭൗതികവും അറിയത്തില്ല ദർശനങ്ങളും അറിയത്തില്ല ഇവിടെ ആ പരമാണുവിനെ ഒരു അന്വേഷണം അതിന്റെ ഒരു തുടക്കം തുടക്കം എന്നുള്ളതിന്റെ അത് മഹത്വമുള്ളതാണ് അല്ലാന്ന് ഞാൻ പറയുന്നു ഒരാരും മോശക്കാരെന്നല്ല ഞാൻ പറയുന്നതിന്റെ താല്പര്യം അങ്ങനെ ഒരു അന്വേഷണം തിരിഞ്ഞു അണുവിലേക്ക് ആ അത് വളരെ മഹത്വമുള്ളതാണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഋഷിമാരും മഹാത്മാക്കൾ തന്നെയാണ് സംശയം പക്ഷേ ഇന്നത്തെ പരമാണുവിനെ ആറ്റം പരമാണു എന്നുള്ള ചർച്ചയും അതുമായിട്ട് യാതൊരു ബന്ധവും ഇതുവരെ അതുവരെ ഈ പുസ്തകം നോക്കിയിട്ടല്ല അവരത് കണ്ടുപിടിച്ചത് ഇവിടുന്ന് പുസ്തകം കൊണ്ടുപോയിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നു അബദ്ധമാണ് മണ്ഡലമാണ് എന്റെ റൂട്ട് വരെ കരുടെ പറയും ആദ്യം ഇവിടുന്ന് എടുത്ത് പിന്നെ ജർമ്മനിൽ കൊണ്ട് അവിടുന്ന് പിന്നെ ഇംഗ്ലണ്ടിൽ പോയി പിന്നെ അമേരിക്കയിൽ പോയി തിരിച്ചിന്തയിൽ വന്നു ഇങ്ങനെ റൂട്ട് വരെ ആൾക്കാർ കൃത്യമായി പറയും ഇതെല്ലാം പരമാബദ്ധമാണ് അബദ്ധത്തെ അബദ്ധം പറയുന്നു ഇത് രണ്ടും രണ്ടാണ് പ്രണാദൻ അണുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരമാണു ജണുകം ത്രണു ഇതുവരെ പറഞ്ഞിട്ടുണ്ട് ഇത് ന്യായവൈശേഷിക ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് നോക്കിയാലും മനസ്സിലാവും അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ മഹത്വമുള്ള ചിന്തകളായിരുന്നു ഒരു സംശയവും പക്ഷെ ഇന്നത്തെ ഭൗതിക ശാസ്ത്രമൊക്കെ അതിൽ നിന്ന് എത്രയോ മുമ്പിൽ പോയി അവർക്കൊന്നും അത്തരം വിഷയങ്ങളിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇന്നത്തെ ബഹുതിശ്വാസം അതിന് അതിന്റേതായ മഹത്വമുണ്ട് അത് ഇതും തമ്മിൽ യാതൊരു ബന്ധമുണ്ട് രണ്ടിനുപയോഗിക്കുന്ന വാക്കൊന്നാണ് മലയാളത്തിലണു ഇതിനും അണുവെന്ന് പറയും അതിനും അണുന്ന് പറയും അതുകൊണ്ട് രണ്ടും ഒന്നെന്ന് പറയും ഇതിന് പേരൊന്നായതുകൊണ്ട് മലയാളത്തിൽ രണ്ട് സാധനം ഒന്നെന്ന് പറഞ്ഞിട്ട് വീമ്പളക്കുന്ന സ്വാമിമാരെ വെറുതെ വിടാൻ പാടില്ല കഥയറിയാതെ ആട്ടം കാണുക രണ്ടും രണ്ടാണ് ഇനി ഇതേ സ്വാമിമാരന് പറയുന്ന വേറൊരു കാര്യമാണ് ആ പരമാണു ആണ് തന്മാത്ര എന്നുള്ളത് അതും ശരിയല്ല തന്മാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത് സാഖ്യയോഗങ്ങളിലാണ് രണ്ടും ന്യായവൈശേഷ്യങ്ങളും പരമാണുവിനെ കുറിച്ചുള്ള ആ നിഗമനം എന്ന് പറയുന്നത് അത് തികച്ചും ബാഹ്യമാണ് അവർ പറയുന്നത് എന്താണോ ഓലപ്പറിക്കാത്തിരിക്കുമ്പോൾ സൂര്യന്റെ കിരണങ്ങളുള്ളിലേക്ക് വരുമ്പോൾ ആ കിരണത്തിൽ കാണുന്ന ചെറിയ പൊടികൾ കണ്ണുകൊണ്ട് കാണാന്നുള്ള ചെറിയ പൊടി അത് ബാഹ്യമായി കാണുന്നതാണ് അതിനെ വിവിച്ചു വിവിച്ച് പോവുക അതിന്റെ എട്ടിലൊന്നി ചെല്ലുക അത് പെരമാണു അതൊരു ഭൗതികമായ അന്വേഷണമാണ് അത് ഭൗതിക ശാസ്ത്രമാണ് തികച്ച് തന്മാത്രയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല അത് മനനധ്യാനങ്ങളിലൂടെയാണ് തന്മാത്രയെക്കുറിച്ച് ഉള്ള സിദ്ധാന്തം പറയുന്നത് സാങ്കാസ്ത്രത്തിന് യോഗശാസ്ത്രത്തിലുള്ള തന്മാത്ര അധ്യാനത്തെക്കുറിച്ചും മറ്റും പറയുന്നത് തന്മാത്രകളെക്കുറിച്ച് അവസാനമായി പറയുന്നത് എന്താണ് അത് യോഗി പ്രത്യക്ഷമാണ് പ്രപഞ്ച കാരണമായിരിക്കുന്ന തന്മാത്ര യോഗി പ്രത്യക്ഷമാണ് അത് ഈ പറയുന്ന അണുവല്ല എനർജിയല്ല ആറ്റം അല്ല ഒന്നുമല്ല ന്യൂട്രോൺ പ്രോട്രോൺ എന്തൊക്കെ പേരുകളാണ് പറയുന്നത് ഇതൊന്നുമല്ല അതെല്ലാം ഭൗതികശാസ്ത്രത്തിൽ ഉള്ളതാണ് ഇവിടെയുള്ള കാര്യങ്ങളല്ല ആ തന്മാത്ര തലത്തിലാണ് പ്രാണനെ കുറിച്ച് പറയുന്നത് ഞാൻ തന്മാത്രയെക്കുറിച്ച് പറഞ്ഞത് ആ തന്മാത്രകളങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അതും മനസ്സിലാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വിഷയങ്ങളുമുണ്ട് നമ്മൾ കാണുന്ന വിഷയങ്ങൾ ശബ്ദം കേൾക്കുന്നു രൂപം കാണുന്നു അനിയും പറയുന്നുണ്ട് തന്മാത്രകൾക്കും ഇതേ പേര് തന്നെ പറയുന്നു പക്ഷെ രണ്ടു ഒന്നല്ല ശബ്ദസ്പർശ രൂപ രഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ അനുഭവിക്കുന്നതാണ് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ അനുഭവിക്കുന്നതാണ് തന്മാത്രകൾ അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ല സ്ഥൂല മനസ്സുകൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല അതിനെ നമുക്ക് കേവലൊരു തത്വമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ഒരിക്കലും ഒരു വിഷയമായി അനുഭവിക്കാൻ പറ്റത്തില്ല യോഗികൾ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയും യോഗശാസ്ത്രത്തിൽ അവിടെ നിന്നാണ് തുടക്കം ആ തുടക്കത്തെ അദ്വൈതി അംഗീകരിക്കുന്നത് അദ്വൈതി പറയുന്ന മൂലപ്രകൃതി ആ മൂലപ്രകൃതിയിൽ ഗുണങ്ങൾ പ്രകടമാകുന്നു സത്വനസ്തമ ഗുണങ്ങൾ അതിൽ നിന്ന് ആ താമസി ശക്തി അതിൽ നിന്ന് തന്മാത്ര ഇതെല്ലാം പരബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നു ഇതാണ് അദ്വൈതത്തിന്റെ പ്രക്രിയ അവിടെ തന്മാത്രകൾ എന്ന് പറയുന്നത് ആ മൂലപ്രകൃതിയിൽ നിന്നും അതായത് സത്വരജസ്തമോ ഗുണസമ്മിശ്രമായിരിക്കുന്ന ആ മൂലപ്രകൃതിയിൽ ആ പ്രകൃതിയിൽ ആനന്ദ ശക്തികളുണ്ട് അതിൽ നിന്നും പ്രകടമായതാണ് തന്മാത്രകൾ ആ തന്മാത്രകൾ ഗുണമയങ്ങളാണ് സത്വരജസ്തമ രൂപത്തിലുള്ളവരെയാണ് എന്നാലും അതിന് ആധിക്യം തമസ്സിനാണ് അവിടെ ആധിക്യം എന്നാൽ അതിന് സത്വത്തെയും രജസിനെയും വിട്ടു നീക്കാൻ വയ്യ അത് കൂടിച്ചേർന്നിരിക്കുമ്പോൾ അതിലെ സാത്വികമായ ഭാവം അത് അന്ധക്കരണമായിരിക്കുന്നു അതിന്റെ രാജസമായ ഭാവം അത് പ്രാണനായിരിക്കുന്നു ഇങ്ങനെയാണ് മനസ്സിനെ കുറിച്ചും പ്രാണനെക്കുറിച്ചും പറയുന്നത് അദ്വൈത ഗ്രന്ഥങ്ങളിലെല്ലാം അദ്വൈത ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ ഭാഷ്യത്തിനും മറ്റുമല്ല പ്രകടനഗ്രന്ഥങ്ങൾ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ അദ്വൈത ചിന്താ പദ്ധതി എന്ന് പറയുന്ന മലയാളത്തിലുള്ള പുസ്തകം വായിക്കുക വളരെ സമഗ്രമായിട്ടും വ്യക്തമായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കുക സമഗ്രമായിട്ടും വ്യക്തമായിട്ടെന്ന് പറഞ്ഞാൽ സംസ്കൃത ഗ്രന്ഥങ്ങളെക്കാളും ചർച്ച ചെയ്തിരിക്കുന്നതാണ് അദ്വൈത ചിന്താപദ്ധതി അത് വായിച്ചു പോകുക മലയാളം വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർ ഒരു പരസ്യം കൂടെയാണ് അതിന്റെ ഇംഗ്ലീഷ് ഉണ്ട് പീയുഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അത് വില കൊടുത്ത് വാങ്ങി വായിക്കുക അതായത് വ്യക്തമായി സമഗ്രമായി ഈ വിഷയങ്ങളെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് പഠിക്കുന്നതെല്ലാവരും പ്രാഥീകമായി വായിച്ചിരിക്കേണ്ട ഒരു പ്രശ്നമായി ഞാൻ എപ്പോഴും നിർദ്ദേശിക്കുന്നു അതേ ചിന്താപത്രം പതിനാധി വിഷയം ചർച്ച ചെയ്യുന്നു ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഈ അണു തന്മാത്ര ഊർജം ഇതൊക്കെ വേറെ ഒന്ന് കാണിക്കാനാണ് ഊർജം എന്ന് പറയുന്നത് അണു എന്ന് പറയുന്നതും ഭൗതികമാണ് തന്മാത്രം ഭൗതികമല്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രാണനെന്ന് പറയുന്നത് ഊർജമല്ല മനസ്സെന്ന് പറയുന്നത് ഊർജമല്ല അപ്പൊ ചിലര് ചോദിക്കും ചില വൈദ്യന്മാരും മറ്റും ഇങ്ങനെ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതോ അതിന് എന്താണ് ഇപ്പൊ ബ്രെയിൻ മാപ്പിംഗ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നുണ പറയുന്നത് കണ്ടുപിടിക്കാൻ തന്നെ മെഷീനുണ്ട് അപ്പൊ മനസ്സിനെ പഠിക്കുന്നതിനുള്ള ഉപകരണങ്ങളുണ്ടല്ലോ അപ്പൊ അതിനുള്ള ഊർജ വ്യതിയാനങ്ങൾ കൊണ്ടാണല്ലോ അത് മനസ്സിലാക്കുന്നത് അതിന് പുറണിന് ഊർജ്ജമല്ല മനസ്സൂർജമല്ല ഇങ്ങനെ പറയാൻ പറ്റും പ്രാണൻ ഊർജ്ജമല്ല മനസ്സൂർജമല്ല എന്ന് പറയാൻ എനർജി അല്ല എന്ന് പറയാൻ കാരണം അത് ഭൗതികമല്ലാത്ത കൊണ്ടാണ് കാരണം അത് തന്മാത്രയായതുകൊണ്ടാണ് ഇത്ര തറപ്പിച്ച് പറയും ഊർജമെന്ന് പറയുന്നത് ഭൗതികമാണ് അത് പരമാണുവിൽ തോട്ട് തുടങ്ങുന്നതാണ് പരമാണു എന്ന് പറയുന്നത് എന്താണ് ഈ നമ്മൾക്ക് ഈ പ്രത്യക്ഷമായിരിക്കുന്ന ഈ ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ ഇത് എന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ അതാണ് പരമാവധി അവിടെയാണ് ഊർജത്തിന്റെ തുടക്കം അത് ഭൗതികമാണ് സ്ഥൂലമാണ് എന്നർത്ഥം ഭൗതിക സ്ഥൂലം മറ്റൊരു സൂക്ഷ്മമാണ് ഈ ഇത് കാണുന്നതോ ഉപകരണങ്ങളിലൂടെ കാണുന്നതോ ഉപകരണങ്ങൾ കാണുന്നത് എനർജിയുടെ പ്രവർത്തനങ്ങളാണ് മനസ്സിന്റെ പ്രാണിന്റെ പ്രവർത്തനങ്ങളല്ല അത് തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റിയും ലൈറ്റും പോലെയാണ് ഒരു ഉദാഹരണം പറഞ്ഞു ഉദാഹരണം പൂർണമല്ല ഇലക്ട്രിസിറ്റിയാണോ ലൈറ്റ് എന്ന് ചോദിച്ചാലല്ല പക്ഷെ അല്ലേന്ന് ചോദിച്ചാണെന്തുകൊണ്ടാണോ അത് ഊർജത്തിന്റെ രൂപാന്തരമാണ് വൈദ്യുതിയുടെ തന്നെ രൂപാന്തരം ആണ് പ്രകാശമായി അനുഭവപ്പെടുന്നത് പക്ഷെ രണ്ടു ഒന്നുണ്ടെന്തുകൊണ്ട് പ്രകാശത്തിൽ തൊട്ടാ ഷോക്ക് അടിക്കുന്നില്ല മറ്റേ തൊട്ടാ ഷോക്ക് അടിക്കുന്നു വ്യത്യാസമുണ്ടല്ലോ പക്ഷെ രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമുക്ക് രണ്ടിനേ രണ്ടെന്ന് പറയാം ആത്യന്തികമായി ഒന്ന് തന്നെ അതുവരെയാണ് മനസ്സും പ്രാണനും തമ്മിലുള്ള വ്യത്യാസം അത്രയൊരു വ്യത്യാസമുണ്ട് ഔർജം ഭൌതിക തലത്തിലാണ് ഇതിനെ രണ്ടിനി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്വൈത ശാസ്ത്രങ്ങൾ മറ്റും പഞ്ചീകരണം അല്ലെങ്കിൽ ത്രിവുൽക്കരണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് ഈ സൂക്ഷ്മം സ്ഥൂലത്തിലേക്ക് എങ്ങനെ വന്നു അതിനോട് സമാനം പറയാ വളരെ പ്രയാസമാണ് സൂക്ഷ്മവും സ്ഥൂലും തമ്മിൽ കൂട്ടിയിണക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് അദ്വൈതി കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് പഞ്ചീകരണം അവർ പറയുന്നത് എന്താണോ ഈ സൂക്ഷ്മത്തിനെന്തോ ഒരു മാറ്റം സംഭവിച്ചു ഈ തന്മാത്രം എങ്ങനെ സംഭവിക്കാൻ മറ്റൊന്നോടെ അതുകൊണ്ട് പറയുന്നു ഇതെല്ലാം കൂടെ ഒരു മിശ്രിതമായ ഒരു കൂട്ടിക്കലർന്നു കൂടിക്കലർന്ന് ആ ഒരു കൂടിച്ചേരലിൽ നിന്നും ഇതിനൊരു മാറ്റമാണ് പറയാമല്ലോ വൈദ്യുതി പ്രകാശമായി മാറുന്നതുപോലെ അത് ഹീറ്റായി മാറുന്നതുപോലെ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടല്ലോ എങ്ങനെയാ മാറ്റം സംഭവിക്കുന്നു എന്നൊക്കെ ചോദിച്ചോളൂ അതിനൊന്നും പൂർണ്ണമായും തരം അതൊന്നും കൈകാര്യം ചെയ്യുന്ന ഭൗതികശാസ്ത്രത്തിനും പക്ഷേ ഊർജത്തിന്റെ ആ രൂപാന്തരത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് അതുപോലെ ഇത്തരം കാര്യങ്ങൾക്കൊന്നിനും പൂർണ്ണമായും ഉത്തരവാദിടത്തുമല്ല ഭൗതികത്തിനുണ്ട് ആത്മീയത്തിലുണ്ട് അതുപോലെ ഈ സൂക്ഷ്മ തന്മാത്രകൾ രൂപാന്തരം പ്രാപിച്ചപ്പോൾ അത് പരമാണുക്കളായി അത് ഊർജമായി അതിനെ നമുക്ക് ഉപയോഗിക്കാം ഭാഷ്യമായി കാണാം പഠിക്കാം പ്രയോഗിക്കാം അതാണ് ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ചയല്ല അതിനുള്ള സഹായിക്കുന്ന എന്താണ് ഈ സൂക്ഷ്മം തന്നെ ആ സൂക്ഷ്മം എങ്ങനെ സഹായിക്കുന്നോ മനസ്സായും പ്രാണനായും ഈ ജീവനില് നിന്നുകൊണ്ട് സഹായിക്കുന്നു സാരാന്വേഷണവും പഠനവും കണ്ടുപിടുത്തവും ഒക്കെ നടത്തുന്നത് ഈ ജീവനല്ലേ ജീവനെന്ന് പറയുന്നെന്താ അതിന്റെ മുഖ്യമായിരിക്കുന്ന എന്താണ് ഈ മനസ്സും പ്രാണനുമാണ് അപ്പം മനസ്സും പ്രാണനും എന്ന് പറയുന്ന ഈ രണ്ട് ജീവന്റെ അതുകൂടി ചേർന്നാലേ ജീവൻ ആവത്തു അത് ഇത് രണ്ടും ആധ്യാത്മികമായി പ്രവർത്തിച്ചുകൊണ്ട് ഭൗതികമായി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുകയും കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യും അതാണ് ഭൗതികശാസ്ത്രം അവിടെയാണ് നമ്മൾ അവിടെ ചെന്നാലേ നമുക്ക് ഈ പരമാണുവിനെയും എനർജിയും മറ്റും കണ്ടെത്താൻ പറ്റുക ഉള്ളിലേക്ക് പോയാൽ അവിടെ ഈ പരമാണോ എനർജിയൊന്നുമില്ല അവിടെ പ്രാണൻ മനസ്സ് പ്രാണൻ പറഞ്ഞല്ലോ രാജസികമാണ് അതുകൊണ്ട് വേണമെങ്കിൽ അതിനെ കുറച്ചുകൂടി സ്ഥൂലമെന്ന് പറയാം മനസ്സ് കുറച്ചുകൂടി സാത്വികമാണ് അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി സൂക്ഷ്മം എന്ന് പറയാം അതിനപ്പുറം തന്മാത്ര യോഗികൾ അവിടെ വരെ എത്തും പ്രാണനും മനസ്സുമൊക്കെ നമുക്കും അറിയാം നമ്മളിൽ പ്രാണം പ്രവർത്തിക്കുന്നു മനസ്സ് പ്രവർത്തിക്കുന്നു പക്ഷേ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ബാഹ്യമായ ബാഹ്യമായ എന്ന് പറയുമ്പോൾ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് മാറ്റവും എനർജിയും മറ്റു കാര്യങ്ങളുമാണ് ധ്യാന മനനങ്ങളിലൂടെ നമ്മളിതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പ്രത്യക്ഷമാകുന്നത് പ്രാണൻ മനസ്സ് തന്മാത്ര ഇങ്ങനെയാണ് രണ്ടു വഴിക്കാണ് ഇതിന്റെ സഞ്ചാരം ഒന്നിന് നമുക്ക് ബാഹ്യമായ ഉപകരണങ്ങളെ ബാഹ്യപ്രപഞ്ചത്തേക്ക് ആശ്രയിക്കേണ്ടിയും നിരീക്ഷണ പരീക്ഷണങ്ങൾ നമുക്ക് ബാഹ്യമായ ഒന്നിനെ സാക്ഷാത്കരിക്കാൻ കഴിയും അതവിടെ നമുക്ക് പരമാവധി പോകാം ഈ എനർജി വരെ ഊർജ്ജം വരെയാണ് അത് ഭൗതികതലം മറ്റതങ്ങനെയല്ല ആന്തരികമാണ് അവിടെ വേറെ പരീക്ഷണ നിരീക്ഷണങ്ങളും വേണ്ട ആന്തരികമായി ധ്യാന മനനരൂപത്തിൽ പോകും അതിന്റെ പ്രക്രിയകളാണ് സാഖ്യ യോഗങ്ങളെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ പോയാൽ എന്താണ് ഭൗതികത്തിലല്ല ചെന്നെത്തുന്നു ഭൂതങ്ങളിൽ ചെന്നെത്തും അതാണ് നേരത്തെ ഞാൻ ഒന്ന് ഭൂതമെന്നും മറ്റൊന്ന് ഭൗതികമെന്നും പറഞ്ഞത് ആന്തരികമായി ചെന്നെത്തുന്ന ഭൂതങ്ങൾ അതിനാണ് തന്മാത്രകൾ പഞ്ചമഹാഭൂതങ്ങളെന്നും പറയും സൂക്ഷ്മഭൂതങ്ങളെന്നും പറയും അപഞ്ചീകൃത ഭൂതങ്ങളെന്നും പറയും അദ്വൈതികളതിന് പല ശബ്ഞങ്ങളും ഉപയോഗിക്കുന്നു അത് ധ്യാനമനങ്ങളിലൂടെയൊക്കെ എത്തും അങ്ങനെ എത്തുമെന്നാണ് സാങ്ക ശാസ്ത്രങ്ങളിൽ പറയുന്നത് അദ്വൈതികൾ അംഗീകരിച്ചിരിക്കുന്നു നയവൈശേഷികന്മാർ അങ്ങനെയല്ല അവർ പുറമേ നോക്കിയത് അവർ പ്രകാശത്തിൽ നോക്കി പ്രകാശത്തിലെ കണകങ്ങളും കണങ്ങളും നോക്കി പിന്നെ അതിനെ വിഭജിച്ച് നോക്കി വിഭജിക്കാൻ കഴിയാത്തവിടത്ത് മനസ്സുകൊണ്ട് കണക്ക് പൂട്ടി ബാഹ്യമാണ് ഭൌതികമാണ് അപ്പോൾ അവർ പരമാണുവിൽ എത്തിച്ചേർന്നു അവിടെയെങ്കിലും മറ്റുപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അക്കാര്ക്ക് ഇന്നത്തെ ഭൌതികശാസ്ത്രന്മാരെന്ത് ചെയ്തു അവര് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ പരീക്ഷണനിരീക്ഷണങ്ങളിലൂടെ പോയി ബാഹ്യമാണ് പോയപ്പോയി ഭൗതികത്തിന്റെ രഹസ്യം അവർക്ക് കുറെ വെളിപ്പെട്ടു ഇതിനെ വിശകലനം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവരുടെ നിഗമനത്തിൽ ചേർന്ന് ഇത് ഊർജ്ജമാണ് ഊർജ അതിന് ഇവിടെ പറയുന്ന ഈ പ്രാണനുമായിട്ട് ബന്ധമൊന്നും അപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം മറന്നിട്ടില്ല നിങ്ങളൊരു പക്ഷേ മറന്നിരിക്കും ഈ ഉപകരണങ്ങളിലൂടെ കാണുന്ന എന്താണോ മനസ്സിനെ അല്ലേ കാണുന്നത് പ്രാണനെയല്ലേ കാണുന്നതല്ല മനസ്സും പ്രാണനും നമ്മുടെ തലച്ചോറിലും മറ്റും പ്രവർത്തിക്കുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെയും മറ്റും ഫലമാണ് ഉപകരണങ്ങളിലൂടെ കാണുന്നത് മനസ്സിനെയും പ്രാണനെയാണ് അതിന്റെ റീഡിംഗാണ് നമ്മൾ എടുക്കുന്നത് അതിന് നമ്മളെ സഹായിക്കുന്ന എന്തോന്നും മനസ്സും പ്രാണനും ഇത് കാണുന്നവന് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവന് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവന് ആ ഉണ്ടാകുന്ന റിസൾട്ടിനെ കാണുന്നതൊക്കെ ആരാണ് മനസ്സും പ്രാണനുമാണ് മനസ്സും പ്രാണവും മാറിയിക്കുകയാണ് അവനാണ് ശാസ്ത്രജ്ഞർ അവൻ അവൻ അവന്റെ തന്നെ മനസ്സിന്റെയും പ്രാണന്റെയും എല്ലാം പ്രവർത്തന ഫലമായുണ്ടായ ഉപകരണങ്ങളിലൂടെ വരുന്ന ആ റിസൾട്ട് എന്ന് പറയുന്നത് അത് ഭൗതികമാണ് അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നു എങ്ങനെയാണ് വൈദ്യുതി പ്രകാശമായി മാറിയതുപോലെ ഒരു മാറ്റം സംഭവിച്ചത് അതുപോലെ അവന്റെ പ്രാണനവും അവന്റെ മനസ്സും ഏകിച്ചും ആധ്യാത്മികമായിരിക്കുന്ന അത് കണ്ടെത്തിയ കാര്യങ്ങളാണ് അവൻ പറയുന്ന അവൻ വിളിക്കുകയാണ് ഇത് മനസ്സാണ് ഇത് മനസ്സിന്റെ പ്രവർത്തനമാണ് ഇത് പ്രാണന്റെ പ്രവർത്തനമാണല്ല അതെന്ന ഊർജത്തിന്റെ തലമാണ് മനസ്സിന്റെയും പ്രാണന്റെയും പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്ത ഏതോ രൂപാന്തരം കൊണ്ട് സംഭവിക്കുന്ന ഊർജ്ജ ഊർജ്ജത്തെ അളക്കാൻ പറ്റും മനസ്സിനെയും പ്രാണനയും ഒന്നും അളക്കാൻ പറ്റത്തല്ല എന്തുകൊണ്ട് ഒന്ന് ആധ്യാത്മികം മറ്റൊന്ന് ആദ്യ ഭൗതികം അതുകൊണ്ടാണ് അദ്വൈതശാസ്ത്രം ആധ്യാത്മികം ആദ്യ ദൈവികം ആദ്യ മൂന്നായി തിരിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് മുമ്പ് ചർച്ച ചെയ്തുകൊണ്ടും വിശേഷമില്ല ഇപ്പം ചെയ്യുന്നതുകൊണ്ടും വിശേഷമില്ല എന്ന് എനിക്കറിയാം എന്നാലും ഇത് പറയാൻ വിധിക്കപ്പെട്ടവനായതുകൊണ്ട് ഞാനിത് പറയും അപ്പോ ആ മൂന്ന് തരത്തിലുള്ള പിരിവ് ഇവിടെ വന്നതും അതുകൊണ്ടാണ് ഭൗതികത്തിൽ വന്നേ ഉള്ളൂ എന്താണ് ആദ്യ ഭൗതികം മാത്രം ആദി ദൈവിക ആധ്യാത്മികമില്ല ആധ്യാത്മികം എന്തെന്ന് അവർക്കറിയത്തില്ല ഇനി ആധ്യാത്മികം അവരത് ആദി ഭൗതികത്തിന്റെ ഭാഗമായിട്ടേ അവർ പറയത്തുള്ളൂ എന്താണ് അതിന് പറയുന്നു മെറ്റാഫിസിക്സ് അങ്ങനെയൊക്കെ പറയുണ്ട് അതൊക്കെ ആദ്യം ഭൗതികത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പഠിക്കുന്നത് ഭൗതികത്തിൽ നിന്ന് വേർപിരിച്ച് തികച്ചും ആധ്യാത്മികമായി ഉള്ള പഠനം അത് സാഖ്യ യോഗശാസ്ത്രങ്ങളിലാണ് അതിന്റെ തുടക്കം ശങ്കരാചരിൽ അത് കടമാങ്ങും അതാണ് അദ്വൈതത്തിൽ അത് കടന്നു അതാണ് പ്രാണനെന്ന് പറയുന്നത് പ്രാണൻ എന്താണ് പ്രാണൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാണൻ എന്താണെന്നുള്ള ഒരു സാമാന്യ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം അധിക പ്രസംഗം നടത്തിയത് എന്നാലും അത് മനസ്സിലാക്കുക ഇവിടെ ചോദിക്കുന്ന ആ പ്രാണനെ കുറിച്ചാണ് ആ പ്രാണൻ എങ്ങനെയാണ് എന്തിനാൽ പ്രേരിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്യുക്തരി കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പലതുകൊണ്ട് അത് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക ീ തം ഇമാം വേ ചു ശ്രോത്രം കൗ ദോ യുനത്തി 雨 refill ego Murray 水砂 manger follow the speech from our guest